ൂറ അളവറ്റരുളാളനും നികച്ച അൻപുടയോനുമാക്കിയ അല്ലാഹുവൻ തൃപ്പാൽ തവങ്ങുകഴികളെ എഴുത്തി പരപ്പുവും കാറ്റുകൾ മീതു സത്യമാകും മഴ സുമയെ സുമെന്ന് മീതും പിന്നെ കടലിൽ ഇലേസാൽ മീതും ഭൂമിയുള്ളോർക്ക് വരിയവറ്റ അല്ലാഹുവൻ കട്ടളപ്പടി പങ്കിടുവോർ മീതും സത്യമാകും നിശ്ചയമാക്കളിക്കപ്പെടുവെല്ലാം ഉമ്മയേ ആകും അന്വേഷിക്കൂലി വഴങ്ങുവും നിശ്ചയ പാതകളെ വാനത്തിന് മീഡിയ സത്യമാണെ പറ്റി മുരണ്പട്ടിലേ ഇരിക്കേലത്തിലിരുന്ന് തൃപ്പവൻ ഇപ്പോഴും തൃപ്പപ്പെടുക പോയി ചുമ അഴിന്തേ പോവാര അവർ എത്തയോർന്ന മടമയ മറവിൽ നന്മ തീക്ക് കൂലി കൊടുക്കും നാൾ എപ്പോ വരും അവർ കേൾക്കാൻ സോദിക്കപ്പെടും നാളാകും അത് എന്റെ നബിയേറും ഉണ്ടായ സോദനയെ സുവിത്ത് പാരുങ്ങൾ എതായി അവസരപ്പെടുത്തിക്കൊണ്ടിരുന്നോ ഇത് താ നിയമായ ഭക്തി ഉടയവർഗത്തിൻ സോലുകളിലും നീരൂറ്റുകളിലും ഇരുപ്പ അവർ തങ്ങൾ ഇവൻ അവരുപ്തിയുടൻ പെട്ടക്കൊരുവയു മുൻ നന്മോരകേണ്ട അവർ ഇറവിൽ മികവും സ്വപ്നേരമേ അഞ്ചി തൂങ്ക മാറ്റി അവർ വിടിയ്ക്കാലങ്ങളിൽ പ്രാർത്ഥനകളിൽ പോലും ഇറവം മുന്നിപ്പ് കോരി കൊണ്ടുപോക അവൽവത്തിൽ ഇറപ്പോൾ ഇറന്ന് കേക്കാത്തോർക്കും ബാധ്യത ഉണ്ട് ഉറിയാത്ത നമ്പിക്കെ കൊണ്ടവർക്ക് ഭൂമിയും പല അത്താക്ഷികൾക്കങ്ങൾക്ക് ഉള്ള പല അത്താക്ഷികൾ അവക്കാ അഞ്ചിയും വാനത്തിൽ ഉൾപ്പെടവും വാക്കിക്കപ്പെട്ടവയും ആകെ വാനങ്ങൾ ഭൂമി ആകിയവൻ ഇറവൻ മീതു ആണയായി ഉൾപ്പെത്യക്ഷ ഉമ്മയകും ഇബ്രാഹിമിൻ കണ്ണിയ മിക്ക വിരുദ്ധ അവരിടേശിത്തോട് അവരെ നോക്കി ഉണ്ടു ഇവർ നമുക്ക് അറിമുഖം ഇല്ലാ സമൂഹത്താറായി അവർ തടുംബത്തു കൊടുത്ത കാളെ കണ്ടെ പൊരിത്തു കൊണ്ടുവന്ന അതെ അവൻ വേണ്ടി അവസിക്കാൽ അവരുടെ ഇവർ പറ്റി ഓർ അച്ചത് അറിഞ്ഞ അവർ ഭയപ്പെടാൻ അവർക്ക് അറിവ് മിക്ക പുതൽവർ പെപ്പർ എന്റെ നന്മാറായും കൂടിയ പിന്നെ ഇതെ കേട്ട അവരുടെ മനവിയാർ ശബ്ദമിട്ടവരായി അവർ എതിരിൽ വന്ന് തം മുഖത്തിൽ അടിച്ച് കൊണ്ട് നാം മലർത്തു കിഴവിയായ കൂറിഞ്ഞ അറിവ് മിക്ക പുതൽവർ പെപ്പർ എൻ്റെ ഇവറെ കൂറിനാ നിൻ്റമിക്കവൻ യാവത്തെയും നനു അറിഞ്ഞവൻ പിന്നെ ഇബ്രാഹീം ദൂതേ ഉന്നു വിലമ്പറ്റമൂഹത്തിനർവൽ നിശ്ചയമാരുക്കോ എന്ന് അവർ കൂറിനാ അവർ മീത് കളിമൺ കക്കി എറി അനുപെട്ടുള്ള വരമ്പ് മീറിയവർക്കാ ഉടം അക്കൾ അടയാളമിടപെട്ടിൽ മുതലിൽ നാം വെളിയേറ്റിവിട്ടോ അതിൽ മുസ്ലീമുകളിലൊരു വീട്ടാരെ തവര ഒരുവരെയും നാം കാണില്ല നോവിന തരും വേദനയെ അഞ്ചുക അവ നാം ഇതിൽ ഓർ അത്താക്ഷിയെ വിട്ട വെച്ചോ മൂസാവും വരലാിലും ഓർ അത്താക്ഷി ആധാരത്തുടൻ്റെ പരാളത്തിൽ അനപ്പിയ പോൽവ് ആകിയവൻ വല്ലമയൻ കാരണമാറക്കണിത്ത് ഇവർ ഒരു സൂന്യക്കാരർ അല്ലർ കൂറിനാ നാം അവനെയും അവനുടേ പടൈകളെയും പിടിച്ച് അവർ കടലിൽ എറിന് അവൻ നിളാകിവിട്ട ഇന്നും ആടു സമൂഹത്താറിലും ഒരു പഠിപ്പിനെക്കാർ മീതു നാശം വിളവിക്കൂടിയ മലട്ടാറ്റിയോ അക്കാറ്റാത് തൻ എതിരിൽ പട്ടലയെല്ലാം തൂൾ തോളാക്കാമ വിടവില്ല സമൂഹ സമൂഹത്താലിലും ഒരു പഠിപ്പിനും സുഖം അനുഭവിയുണ്ട് അവർക്ക് കൂറപ്പെട്ട പോലും അവർ തങ്ങൾ ഇറവുടേ കട്ടലയെ മീറിനൊണ്ടിരിക്കും നിലയിലേയേ നിലനടുക്കം പേരിടി പോയങ്കരമാണ് ശബ്ദം അവർ പിടിച്ച് കൊണ്ടത് അവ മടി പോയിൽ ഇവർക്ക് മുൻപ് നോക്കൂടിയ സമൂഹത്താരെയും നിലവൂട്ടു വീരാണ് നിശ്ചയമാപം ചെയ്യും സമൂഹത്താറേ ഇരുന്നേലും നാം വാനത്തെ നം ശക്തൊണ്ട് അമ്ചയോഗ വരിവാക്കൽ ഉടയവനാവോ ഇന്നും ഭൂമിയെ നാം വരിത്തോ ഇവർ വരിപ്പവളിൽ നമേടുടയോ നിങ്ങൾ സിന്ധിച്ച് നല്ലുണർവ് പെരുളെയും ജോടി ജോഡിയാ നാം പഠിത്തോ ആകെ അല്ലാഹുവ പക്കം വിലുണ്ടാകും അവനടം ഇരുന്ന് ഉണ്ടു അച്ചമൂട്ടി എച്ചക്കെ ചെയ്യേണ്ടേ കൂടുവീരും അല്ലാഹു വേറെ നായനെ ഇണയ ആക്കാരി ഉളവ അച്ചമൂട്ടി എച്ചവനാറും ഇവറേ ഇവർക്ക് മുൻ ഇരുന്നവർ നം തൂതോത അവർ അവരെ ശൂന്യക്കാരർ അല്ല പൈത്തക്കാരർ എന്ന് കൂറാമില്ലേ ഇവരുതാ അവൾ തങ്ങൾക്ക് നം തൂത പഴിക്കും ഒരുവർക്കൊരു ഉപദേശം ചെയ്തു കൊണ്ടരാ അന്ന് അവർ അക്കമക്കാര സമൂഹത്താരാണ്ടി ആകദേശ പുറക്കണിത്ത് വിലകിവിടും അപ്പൊ വിലകി വിടുവീരായും പഴിക്കപ്പെടും ഏനയുപദേശം ഓമിയളി ഇന്നും ജി കളയും മനുതണക്കേ അന്തി നാം പഠിക്കില്ലേ അവർ എന്തൊരു നാം വരുമ്പില്ല അവർ ഉണവ് അളിക്കും നാൻ വരും നിശ്ചയമാ അണവളി കൊണ്ടുപോൻ ബലം മിക്കവൻ ഉറദിയാണൻ അനുയായം ചെയ്തു കൊണ്ടുപോപ്പോർക്ക് അവർടെ തോളുക്ക് വേദനയിലിന് ഒരു പങ്കു ഇരുന്നതുപോലെ ഒരു പങ്ക് നിശ്ചയമാണ്ട് ആകെ ദണ്ഡക്കാ അവർ എന്നെ അവസരപ്പെടുത്താം ആകെ നിരകരിപ്പവർക്ക് അവർക്ക് വാക്കിക്കപ്പെട്ട അവ നാളിൽ കേടുതാൻ